പറയുക അള്ളാഹു സുബാനുഹൂ വാല ഉളികേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു പറയുക നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിന്തുടരുകയില്ല അങ്ങനെ ചെയ്താൽ ഞാൻ തീർച്ചയായും വഴിപിഴച്ചവനായിരിക്കും നേർവഴിയിലുള്ളവരിലും ഞാൻ ഉൾപ്പെടുകയുമില്ല